നിങ്ങളിൽ ഒരു വിഭാഗം ഞാൻ കൊണ്ടുവന്ന സന്ദേശത്തിൽ വിശ്വസിക്കുകയും മറ്റൊരു വിഭാഗം വിശ്വസിക്കാതിരിക്കുകയും ചെയ്താൽ അള്ളാഹുസുബാനഹുവ ചായാല നമുക്കിടയിൽ വിധി തീർക്കുന്നത് നിങ്ങൾ ക്ഷമിക്കുക വിധികർത്താക്കളിൽ ഏറ്റവും ഉത്തമൻ അവൻ തന്നെയാണ്